ഹത്വം നമുക്ക് ദൈവസന്നിധിയിൽ ഇന്നും ഈ ഞായറാഴ്ചയും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ ഇടയാക്കുന്നല്ലോ സന്തോഷത്തോടെ സമാധാനത്തോടെ എന്നൊരു ഭംഗിവാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലെ സത്യത്തിൽ അങ്ങനെയാണോ സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു പോകാറുണ്ട് നമ്മൾ പറയുന്നത് ഒത്തിരി അങ്ങ് ഒത്തിരി അങ്ങ് ടുക്കി ടാസ്ക് ഗ്രാൻഡ് ആയിട്ട് എടുത്ത് അങ്ങ് പറയുകയാണോ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും വലിയ സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണോ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ ഇതേ ലോകത്തിൽ അതേ വീട്ടിൽ നമ്മളെ മനസ്സിലാക്കാത്ത അതേ ആളുകളോടൊപ്പം ചേർന്ന് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ആളുകളോടൊക്കെ ചേർന്നുമൊക്കെ ജീവിച്ച് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാവാം അത് അതിൽ തന്നെ ഒരു തെറ്റല്ല പക്ഷേ അങ്ങനെയുള്ള രംഗങ്ങളിലും നമ്മളെ കൈവിടാത്ത ഒരു കർത്താവുണ്ട് അവിടെ മാത്രമേ നമുക്കൊരു ആശ്വാസമുള്ളൂ ആശ്വാസമുള്ളൂ യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ താന് അങ്ങനെ ഒരു രംഗത്ത് തന്നോട് ഒരാൾ പറഞ്ഞ ഒരു വാക്ക് ഒരു വലിയ സെൻറ്റൻസ് ആണ് ആ സെൻറ്റൻസിലെ ഒരു ഒരു രണ്ട് വാക്കുകൾ മാത്രം അടർത്തിയെടുത്ത് ചിന്തിച്ചാൽ അത് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മിൽ പലരുടെയും പലരുടെയും ഒരു വിലാപമാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അഞ്ചാമധ്യായം യോഹനൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ മധ്യഭാഗത്ത് ആ ആള് പറയുന്നു യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം എനിക്ക് ആരുമില്ല എനിക്കാരും ഇല്ല എന്നൊരാൾ പറയുന്നു നമുക്കാരങ്ങറിയാം കർത്താവായ യേശു അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ബഥേസ്ത കുളക്കരയുടെ അടുക്കൽ ചെന്നു ബതേസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി എന്നാണ് അതായത് കരുണയുടെ വീട് കരുണയുടെ വീട് എന്ന് വളരെ മനോഹരമായ ഒരു ഒരു പേരാണതിനുള്ളത് നമുക്കും വീട് വെച്ച് വീടിന് പേരിടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു പേരാണ് ഹൗസ് ഓഫ് മേഴ്സി ബതേസ്ഥ പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേരങ്ങനെ ആയിരുന്നെങ്കിലും അവിടെ ചെന്ന ഒരാൾക്ക് അങ്ങനെ ഒരു വലിയ കരുണയൊന്നും അവിടെ അനുഭവപ്പെട്ടില്ല അതും കുറച്ച് ദിവസമൊന്നുമല്ല അദ്ദേഹം അവിടെ ആയിരുന്നത് മറിച്ച് എത്ര നാളാണ് മുപ്പത്തിയെട്ട് വർഷം അവിടെ ആ കുളക്കരയിൽ ബദേസ്താ കുളക്കരയിൽ ഒരാൾ കിടന്നു എന്തിനാണ് കിടന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങളെല്ലാം അറിയില്ല സുവിശേഷങ്ങൾ പലയിടത്തും നിശബ്ദത പാലിക്കുന്നു നമ്മളും ആ ഭാഗങ്ങൾ ആവശ്യമില്ലാതെ വിശദീകരിക്കേണ്ട കാര്യമില്ല അവിടെ എപ്പോഴോ അവിടെ ആ കുളത്തിൽ ഒരു ഔഷധ വീര്യമുള്ള വെള്ളമോ ആയിരിക്കാം എപ്പോഴോ അവിടെ ഇറങ്ങുന്ന ആളുകൾക്ക് സൗഖ്യം വരും ആ കുളത്തിൽ ഇറങ്ങുന്നവർക്ക് സൗഖ്യം വരും തനിക്കും അങ്ങനെ സൗഖ്യം വരും എന്ന് പ്രതീക്ഷിച്ച് ഒരു പക്ഷവാതക്കാരൻ കിടപ്പിലായ ഒരാൾ അയാളെ അയാളുടെ ബന്ധുക്കളോ മറ്റോ ആയിരിക്കും വീട്ടിൽ നിന്ന് താങ്ങിയെടുത്ത് ഈ കുളക്കരയിൽ കൊണ്ടുവന്ന് കിടത്തിയത് അവിടെ ആ പോർട്ടിക്കോയിൽ ഇങ്ങനെ കിടക്കുക ധാരാളം പേര് അവിടെ വന്നിട്ടുണ്ട് കുരുടർ മുടന്തർ ക്ഷയരോഗികൾ വ്യാധിക്കാർ അങ്ങനെ വലിയൊരു കൂട്ടം ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു വെള്ളം കലങ്ങുന്ന സമയത്ത് ആദ്യം ആരി ഇറങ്ങിയാലും സൗഖ്യമാകും ഇങ്ങനെയാണ് ആളുകളുടെ വിശ്വാസം ഈ മനുഷ്യനും മുപ്പത്തെട്ട് വർഷമായിട്ട് താനെ കുളക്കരയിൽ കിടക്കുക പക്ഷേ വെള്ളം കലങ്ങുമ്പം ആദ്യം തന്നെ തനിക്ക് തന്നെ ഇറങ്ങാൻ ഒക്കുകയില്ല ഒന്നാമത് പക്ഷപാതക്കാരൻ തന്നെ സഹായിപ്പാൻ ആരുമില്ല അങ്ങനെ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുന്ന ഒരുവൻ യേശു അതിലെ നടന്നപ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടു യേശു അവനോട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകാനും മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനവൻ്റെ പ്രാരാബ്ദങ്ങൾ പറയുക ആ പ്രാരാബ്ദങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവൻ പറയുക എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല വെള്ളമുളകുമ്പം എന്നെ എടുത്ത് പെട്ടെന്ന് ആ കുളത്തിലാക്കാൻ എനിക്കാരും ഇല്ല എന്നാണ് പറയുന്നു കുളത്തിൻ്റെ പേര് കരുണയുടെ വീടെന്ന് പക്ഷേ കരുണ കാണിക്കാൻ അവിടെ ആരുമില്ല നമ്മളും പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഈ ഇതിൻ്റെ കടക്കാനല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് ഇതൊരു മനോഭാവമാണ് നമുക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നാറില്ലേ എനിക്കാരും ഇല്ല സത്യത്തിൽ നമുക്ക് പലരുമുണ്ട് നമുക്ക് കുടുംബത്തിലാളുകളുണ്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അവർക്കിതിൽ ചില സ്നേഹം ഉണ്ട് താനും എങ്കിലുമെങ്കിലുമെങ്കിലും ജീവിതത്തെ ചില രംഗങ്ങളിൽ നമ്മൾ അഭിമുഖിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നിപ്പോകും എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എന്നെ മനസ്സിലാക്കുന്ന എന്നെ എൻ്റെ തനിമയിൽ മനസ്സിലാക്കുന്ന എന്നെ ഞാനായിരിക്കുന്നത് പോലെ ഉൾക്കൊള്ളുന്ന എന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല എന്നുള്ള ഒരു അന്യതാബോധം പേറിക്കൊണ്ടാണ് പലരും ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നത് നമ്മൾ അവരത് തങ്ങളുടെ ഈ ഈ ഒരു അന്യതാബോധം ആളുകൾ മനസ്സിലാക്കി പോകുമെന്ന് വിചാരിച്ച് അവർ എന്തു ചെയ്യും വേറെ ചില മുഖംമൂടികളൊക്കെ എടുത്തണിയും വലിയ ക്രൂരന്മാരുടെയോ ഏഹ് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള മട്ടിലൊക്കെയുള്ള ചില മുഖംമൂടികളൊക്കെയാണ് ഈ എന്നാൽ അവരെ അടുത്ത് ചെന്ന് പരിചയപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഒരു ഒരു കുഞ്ഞ് കൈകാലിട്ടടിക്കുന്നുണ്ട് എന്നെ എന്നെ സ്നേഹിക്കണേ എന്നെ അംഗീകരിക്കണേ എന്നെ കരുതണേ എന്നെ മനസ്സിലാക്കണേ എന്ന് പറയുന്ന ഒരു അനാഥനായ ഒരു കുഞ്ഞ് സത്യത്തിലെ പലരുടെയും ഹൃദയങ്ങളിലുണ്ട് ഇന്ന് നമ്മൾ ഇത്രയും പേർ ഇവിടെ ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മനോഭാവത്തിലുണ്ടോ എനിക്കെല്ലാം ഉണ്ട് ഭർത്താവുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷേ എന്നെ മനസ്സിലാക്കാൻ എന്നെ ഞാനായിരിക്കുന്നത് പോലെ അംഗീകരിക്കാൻ എനിക്കാരുമില്ല എന്നാണോ സഹോദരി നീയെ ചിന്തിക്കുന്നത് സഹോദര ചെറുപ്പക്കാരാ നീ അങ്ങനെ ഒരു മൗനദുഃഖം വേറിയാണോ നടക്കുന്നത് ഇവിടെ നമുക്ക് ഈ ദയോജനത്തോടുള്ള ബന്ധത്തിൽ പറയാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ മുപ്പത്തെട്ട് വർഷം ഈ ഒരു ബോധ്യവുമായിട്ട് കിടന്നു എനിക്കാരും ഇല്ല എനിക്കാരുമില്ല അപ്പോഴിതാ ഒരാളടുത്ത് വന്നു അതാരെയ്യുന്നു അത് യേശു ആയിരുന്നു യേശു പറഞ്ഞു നിനക്ക് ഞാനുണ്ട് വാക്കുകൾ കൊണ്ട് യേശു അങ്ങനെ പറഞ്ഞില്ല പക്ഷേ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ യേശു അത് കാണിച്ചു പേടിക്കണ്ട മോനെ പേടിക്കണ്ട നിനക്ക് ഞാനുണ്ട് നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുന്നു അവനെ കിടക്ക വിട്ട് എഴുന്നേറ്റ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുന്നതുമൊക്കെയാണ് ആ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലില്ല കാണാവുന്നതുപോലെ ഭൂമിയിലില്ല നമ്മളൊക്കെ നമ്മുടേതായ കുളക്കരയിലൊക്കെ ഇങ്ങനെ എനിക്ക് ആരുമില്ല എന്ന് വിലപിച്ച് കിടക്കുക നമ്മളെ ആര് ആര് ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കല്ലേ നമുക്കൊരാളുണ്ട് ആരാണ് അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മൾ കർത്താവിനെക്കുറിച്ച് എബ്രായം ലേഖനം പതിമൂന്നാമത്തെയായോ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ സാധാരണ പറയുന്ന ഒരു ഉദ്ധരിക്കുന്ന ഒരു കൊച്ചു വാചക വാചകമുണ്ടല്ലോ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അനന്യൻ എന്ന വാക്കിൻ്റെ മലയാള വാക്കിൻ്റെ അർത്ഥമൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല ഇംഗ്ലീഷാണ് ചിലപ്പോൾ മലയാളത്തെയും മനസ്സിലാക്കാത്തതുകൊണ്ട് മലയാളം ശരിക്കും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കേ എന്ന് ചിലർ പറയാറുണ്ട് സത്യത്തിൽ ചിലപ്പോൾ രംഗങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നും യേശു ക്രിസ്തു ഇന്നലെയും ഇന്ന് ഇന്നേക്കും അനന്യെന്ന് പറഞ്ഞാൽ എന്താ അനന്യൻ എന്തോ അനന്യൻ അപ്പൊ ഇംഗ്ലീഷ് നോക്കുമ്പോൾ എന്താ ജീസസ് ക്രൈസ്റ്റ്ഡേ ആൻഡ് ഫോർ എവർ ഇന്നലെ എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെ ഇന്നും നാളെ അങ്ങനെ തന്നെ മനുഷ്യരൊക്കെ അങ്ങനാണോ അല്ല മനുഷ്യരും ഇന്നലെ കണ്ട പോലല്ല ചിലരെ ഇന്ന് കാണുമ്പോൾ അവർക്ക് കിട്ടിയ സാമ്പത്തിക നേട്ടം അംഗീകാരമൊക്കെ അവരെ മറ്റൊരു തരം ആളുകളാക്കി മാറ്റിയിട്ടുണ്ട് മനുഷ്യരൊന്നും അങ്ങനല്ല പക്ഷേ യേശുവിനൊരു പ്രത്യേകതയുണ്ട് ജീസസ് ക്രൈസ്റ്റ് ജീസ് സെയിം വെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ ഇന്നലെ ഇന്നലെ യേശു മുപ്പത്തെട്ട് വയസ്സ് മുപ്പത്തെട്ട് വർഷമായിട്ട് ഹൗസ് ഓഫ് മേഴ്സിയുടെ അവിടെ ഒരു മേഴ്സിയും ലഭിക്കാതെ കിടന്ന ഒരുവനെ സൗഖ്യമാക്കിയെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്ന് നിനക്ക് ഞാനുണ്ട് എന്നുള്ള ആ ബോധ്യം അവന് പകർന്നു നൽകിയെങ്കിൽ ആ യേശു ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇന്ന് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എത്ര വലിയൊരു ധൈര്യമാണ് നമുക്കിത് തരുന്നത് നമുക്ക് കർത്താവുണ്ട് കർത്താവുണ്ട് പലപ്പോഴും നമ്മൾ ചില രംഗങ്ങളിൽ പേടിച്ചു പോകും ആരുമില്ല ആരുമില്ല എന്ന ഒരാളുണ്ട് അത് നമ്മൾ വേണ്ട പോലെ കാണണം വേണ്ട പോലെ കാണുമ്പോൾ നമുക്കതൊരു വലിയ ധൈര്യവും വലിയൊരു ഉറപ്പും നമുക്ക് ലഭിക്കും നമ്മുടെ ചുണ്ടിലെ വറ്റിപ്പോയാൽ ചിരി വീണ്ടും മടങ്ങി വരും ആ എനിക്കാരാ ഇല്ലാത്തത് എനിക്കെൻ്റെ കർത്താവുണ്ട് എന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്ന ആ കർത്താവ് ഇപ്പോൾ ഭൂമിയിലില്ലല്ലോ ഇല്ല അക്ഷരാർത്ഥത്തെ ഭൂമിയിലില്ല പക്ഷേ യേശു എന്തു ചെയ്യുന്നു എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു സ്വർഗത്തിൽ കരേറിപ്പോയി തൻ്റെ മക്കളായ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ പക്ഷവാതം ചെയ്യുന്നു എന്നാണ് നമ്മളെ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ചെറുതും വലുതുമായ ഓരോ മനോഭാവങ്ങളും പ്രത്യേകതകളും മനസ്സിലാക്കി നമുക്ക് വേണ്ടി നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് എത്ര വലിയൊരു കാര്യമാണത് ഞാനേ കഥ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് ഞാൻ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് വരട്ടെ യോഹനാൻ്റെ സുശേഷം പതിനേഴാം അധ്യായം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് താൻ നടത്തിയ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കർത്താവ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ സന്നിധിയിൽ മത്യസ്ഥത അണയ്ക്കുന്നു പക്ഷവാതം ചെയ്യുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ താന് പ്രാർത്ഥിച്ച കാര്യം യോഹന്നാൻ ഒരു അധ്യായം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുശേഷം പതിനേഴാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരുപത്തി ആറ് വാക്യങ്ങളുള്ള അത് മുഴുവൻ യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയെ ഇത്ര ദീർഘമായ പ്രാർത്ഥന യോഹന്നാൻ എപ്പോഴും അല്പം വ്യത്യസ്തനായിരുന്നു മറ്റ് സുവിശേഷകന്മാരിൽ നിന്ന് അല്പം വ്യത്യസ്തനായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യോഹന്നാനാണ് കർത്താവിൻ്റെ ഒരു സംഭാഷണവും ഒക്കെ അഞ്ച് അധ്യായങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലാണ് അന്ത്യ പറയുന്നത് ആ യേശു ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നു ആ സംസാരിക്കുന്നു പതിമൂന്നാം അധ്യായത്തിൽ അതിനെ ചില കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉണ്ടാകുന്നു എങ്കിലും സംഭാഷണമാണ് കൂടുതൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് സംസാരിച്ച് തുടങ്ങുന്നു പതിനാലാം അധ്യായം മുഴുവൻ അവരോടുള്ള സംഭാഷണമാണ് പതിനഞ്ചാം അധ്യായം അവരോടുള്ള സംഭാഷണമാണ് പതിനാറാം അധ്യായം അവരോടുള്ള സംഭാഷണമാണ് സംഭാഷണം പൂർത്തിയാക്കി പതിനേഴാം അധ്യായം മുഴുവൻ അവർക്ക് വേണ്ടിയുള്ള കണ്ടോ അഞ്ച് അധ്യായങ്ങൾ അഞ്ച് ദീർഘമായ അധ്യായങ്ങൾ യോഹനാൻ എന്തു ചെയ്തിട്ടുണ്ട് ആ താനെ യേശുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ അഞ്ച് അധ്യായങ്ങൾ യേശുവിൻ്റെ സംഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് മറ്റു സുവിശേഷന്മാരൊന്നും ആ നിലയിൽ ചെയ്തിട്ടില്ല ആ നിലയിൽ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവർ നമ്മൾ ആ സംഭാഷണത്തിൻ്റെയൊക്കെ ഒടുവിൽ നാലധ്യായം നീണ്ടുനിന്ന സംഭാഷണത്തിനൊടുവിൽ അഞ്ചാമത്തെ അധ്യായമായ പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മുഴുവൻ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ആ കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് വളരെ വേഗത്തിൽ അതിൽ നിന്ന് ഏഴ് കാര്യങ്ങളെ നമുക്ക് വളരെ വേഗത്തിൽ ചിന്തിക്കാം ഇതാ ഈ പ്രാർത്ഥന തുടങ്ങുന്നത് യേശു അതിൻ്റെ ഒന്നാമത്തെ വാക്യം അവിടെ യേശു പറയുന്നു പിതാവേ നാഴിക വന്നിരിക്കുന്നു നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ യേശു പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ആർക്കു വേണ്ടിയാണ് പുത്രനു വേണ്ടിയാ വെച്ചാൽ തനിക്ക് വേണ്ടി തന്നെ പിതാവേ ദൈവത്തെ അഭിസംബോധന ചെയ്ത് താനിപ്പം ഭൂമിയിലാണ് തനിക്ക് വേണ്ടി താന് പിതാവിനെ മഹത്വപ്പെടുത്തത്തക്ക നിലയിൽ ഇനി മുമ്പിലെന്താ തൻ്റെ മുമ്പിലെന്താ വരാൻ പോകുന്നതെന്ന് യേശുവിനറിയാം എന്താ തൻ്റെ പ്രിയ ശിഷ്യൻ തന്നെ തന്നെ ഒറ്റക്കൊടുക്കും തന്നോടൊപ്പം ഉണ്ടാകും എന്ന് ആണയിട്ട് പറഞ്ഞ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോകും ഒരാളും തന്നോടൊപ്പം ഉണ്ടാവുകയില്ല തന്നെ പരിഹസിക്കപ്പെടും നിന്ദിക്കപ്പെടും താന് ആളുകളുടെ വിശപ്പ് മാറ്റിയ അന്ന് വന്ന ആയിരക്കണക്കിന് ആളുകൾ തന്നെ ഇവൻ ഇവൻ മരണയോഗ്യൻ ഇവൻ മോശക്കാരൻ എന്ന് പറഞ്ഞ് അവരെ അട്ടഹസിക്കുന്നതൊക്കെ തനിക്ക് നേരിട്ട് കാണേണ്ടി വരും താൻ ചില വിചാരണ എന്ന് പറയുന്ന ചില പ്രഹസനങ്ങളിലൂടെ കടന്നു വരും കയ്യഫാവ് അന്നാസ് തുടങ്ങിയവർ അതുപോലെ തന്നെ റോമൻ സർക്കാരിൻ്റെ ഗവർണറായ പീലാത്തൂസിൻ്റെ മുൻപാകെയുള്ള വിചാരണ ഇത് കൂടാതെ ഹേരോദാവ് എന്ന് ഇടപ്രഭു ആ രാജാവിൻ്റെ അടുത്ത് പോയി അവിടെ ഒരു വിചാരണ അത് കഴിഞ്ഞ് വീണ്ടും റോമൻ ഗവർണർ പീലാത്തോസിൻ്റെ മുമ്പാകെയുള്ള വിചാരണ ഇങ്ങനെയുള്ള ഒത്തിരി വിചാരണ എന്നുള്ള പ്രഹസനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും ഒടുവിൽ എന്ത് സംഭവിക്കും ഒടുവിൽ ക്രൂശില് മരിക്കും ഈ കാര്യത്തെക്കുറിച്ച് യേശുവിന് ഒരു ബോധ്യമുണ്ടായിരുന്നു കാര്യം തനിക്ക് സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ ശക്തിപ്പെടുത്താനായിട്ട് ദൂതൻ വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ തൻ്റെ മുമ്പിലെ ഈ നിലയിലുള്ള ഒരു അനുഭവങ്ങളാണ് കൈപ്പേറിയ അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി യേശു പതിനേഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ എന്താ ചെയ്യുന്നത് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക പിതാവേ ഞാന് എന്തുവേണം ഞാൻ ഇതിലൂടെ ഒക്കെ കടന്നു പോകും അന്നേരം ഞാൻ എന്ത് വേണം ഞാൻ നിന്നെ തന്നെ ഗ്ലോറിഫൈ ചെയ്യണം നിന്നെ മഹത്വപ്പെടുത്താൻ എനിക്കിടയാക്കണം ഇത് നമുക്കും നമുക്കും എടുക്കാവുന്ന നല്ലൊരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങളെ അഭിമുഖിക്കാൻ പോകുന്നു അത്ര സന്തോഷകരമല്ല പലതും വരാൻ പോകുന്നത് പക്ഷേ അവിടെ ദൈവേ പിതാവേ ഇതെല്ലാം മാറ്റിത്തരണേ എന്നല്ല സത്യത്തെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിച്ചെന്താ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് യേശു പ്രാർത്ഥിച്ചതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നാലും ഇതിലൂടെ ഞാൻ കടന്നു പോകുമ്പം നിന്നെ മഹത്വപ്പെടുത്താത്ത ഒരു വാക്ക് എൻ്റെ നാവിൽ ഉണ്ടാകരുത് നിന്നെ മഹത്വപ്പെടുത്താത്ത ഒരു മനോഭാവം എനിക്കുണ്ടാകരുത് നിന്നെ മഹത്വപ്പെടുത്താത്ത നിനക്ക് ഗ്ലോറിയായി തീരാത്ത ഒരു നിലപാട് എന്നിൽ പിതാവേ നീ എന്നെ അതിന് സഹായിക്കണേ എന്ന് യേശുവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് ഈ ഒരു മാതൃക നമുക്കെടുക്കാനായിട്ട് കഴിയും നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം അപ്പം യേശു പ്രാർത്ഥിച്ച് തുടങ്ങിയത് ആർക്കു വേണ്ടിയാ തനിക്ക് വേണ്ടി തന്നെയാ തനിക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ കണ്ടു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു ഞാൻ വേണ്ടി അപേക്ഷിക്കുന്നു ആർക്കു വേണ്ടി തൻ്റെ നീ എനിക്ക് തന്നിട്ടുള്ളവർ ലോകത്തിന് വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി എത്രയാണ് ഞാൻ അപേക്ഷിക്കുന്നത് പതിനേഴിൻ്റെ ഒൻപതാമത്തെ വാക്യം അപ്പോൾ യേശു നോക്കുമ്പോൾ തൻ്റെ ചുറ്റും ആരുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ട് പന്ത്രണ്ട് പേര് അതിലൊരാൾ തന്നെ ഉറ്റി കൊടുക്കുന്നു ബാക്കിയുള്ളവരുണ്ട് അവർക്കറിയാൻ അറിഞ്ഞുകൂടാ എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകാതെ അവരൊത്തിരി വിഷമിച്ചു പോകാതെ അവരവരുടെ വിശ്വാസം കളഞ്ഞു കുളിക്കാനിടയാകാതെ അവരെ നിർത്തേണ്ടതിന് വേണ്ടി യേശു തൻ്റെ മുമ്പിലുള്ള ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് മൂന്നാമത് കർത്താവ് ആ അന്ത്യപ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവര് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ ആ അന്ത്യപ്രാർത്ഥനയിൽ ഒന്ന് കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ട് കർത്താവ് തൻ്റെ മുമ്പിലുള്ള തൻ്റെ പന്ത ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മൂന്നാമത് കർത്താവ് മറ്റൊരു കൂട്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതാർക്ക് വേണ്ടിയാണ് അത് നമുക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു വാക്യമുണ്ട് അതിൻ്റെ പതിനേഴിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു അതാരാണ് ഇവർക്ക് വേണ്ടി മാത്രമല്ല ഈ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല ഈ പത്രോസനോ ഈ ആക്കോവിനോ ഈ യോഹനാനോ വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു മറിച്ച് ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇവരുടെ വാക്കുകളാൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ ആ ഒരു ഗണത്തിൽ ആണ് നമ്മൾ പെടുന്നത് ശിഷ്യന്മാരെ ഈ കർത്താവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് നമുക്ക് കാലാകാലങ്ങളിൽ ഈ സത്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് കഴിഞ്ഞത് ഇവരുടെ വാക്കുകളാൽ ഇവരുടെ വചനങ്ങളാൽ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് കേവലം ഒന്നാം നൂറ്റാണ്ടിലുള്ളവരെക്കുറിച്ച് മാത്രമാണോ രണ്ടാം നൂറ്റാണ്ടിലുള്ളവരെക്കുറിച്ച് മാത്രമാണോ അല്ല അല്ല ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെ കേരളക്കരയിൽ ഇവിടെ ഒരു കൊച്ചു സ്ഥലത്ത് കൂടിയിരിക്കുന്ന നമ്മളെപ്പോലും കർത്താവ് എന്ത് ചെയ്തു ആ അന്ത്യപ്രാർത്ഥനയിൽ കർത്താവ് തൻ്റെ ഹൃദയത്തിൽ വഹിച്ചു പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അതെത്ര വലിയൊരു ധൈര്യമാണ് നൽകുന്നത് ഞാൻ ഈ കാര്യം എൻ്റെ ഞാൻ വളരെ പ്രിയപ്പെട്ടതായിട്ട് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കർത്താവ് എന്ത് ചെയ് എന്ത് എന്ത് ചെയ്യാൻ മറന്നില്ല അവസാന പ്രാർത്ഥനയിലും എന്നെ ഓർക്കാനായിട്ട് മറന്നില്ല സഹോദര സഹോദരി അതൊരു കൊച്ചു കാര്യമാണോ എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കാമായിരുന്നു തൻ്റെ മുമ്പിൽ എന്താ വരാൻ പോകുന്നത് അതേക്കുറിച്ചൊക്കെയുള്ള ഉത്കണ്ഠയോടെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ രാജ്യം ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ നോക്കുമ്പം ഇവിടെ തന്നെ ആരൊക്കെയുണ്ട് വലിയ വലിയ ആളുകളുണ്ട് പ്രധാനമന്ത്രി ഉണ്ട് പ്രസിഡൻറ് ഉണ്ട് പക്ഷേ അവർക്ക് വേണ്ടി ഒന്നും കർത്താവ് എന്തോ ചെയ്തില്ല പ്രാർത്ഥിച്ചില്ല ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് ആ ഒരു കാറ്റഗറിയിൽ ഇന്ന് ഇന്ത്യയിലുള്ള കൂട്ടത്തിലുള്ളവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റിന് വേണ്ടിയോ പ്രധാനമന്ത്രിക്ക് വേണ്ടിയോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ ഒന്നും പ്രാർത്ഥിച്ചില്ല അവർക്കാർക്കും ഈ വചനം അവരുടെ വചനമായിട്ട് എടുക്കാനായിട്ടൊക്കെയല്ല പക്ഷേ പാവപ്പെട്ട നമുക്ക് നമുക്കെടുക്കാൻ കഴിയും എൻ്റെ കർത്താവ് അന്ത്യപ്രാർത്ഥനയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കർത്താവ് ഒടുവിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത് നമുക്ക് വളരെ വേഗത്തിൽ ഏഴ് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഏഴ് കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഏഴ് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ ചെറിയ തോതിലാണെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് വളരെ വേഗത്തിൽ ഈ അധ്യായത്തിൽ നിന്ന് ശോധന ചെയ്യാം പതിനേഴാമത്തെ അധ്യായം അതാണല്ലോ കർത്താവിൻ്റെ പ്രാർത്ഥന അതിലെ കർത്താവ് ഒരു ഒരു കാര്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ പത്താമത്തെ വാക്യമാണ് പത്താമത്തെ വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു എൻ്റേതെല്ലാം നിൻറ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു അതിൻ്റെ മുകളിൽ പറയുമ്പോൾ നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റേതെല്ലാം നിൻറ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടും പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ ഈ വചനങ്ങൾ നമുക്ക് വേണ്ടി എഴുതി യോഹനാനിൽ പരിശുദ്ധാത്മാവ് പ്രേ ആ നിലയിൽ പ്രേരണ കൊടുത്ത് എഴുതി വച്ചിരിക്കുമ്പോൾ ഈ അധ്യായത്തിലുള്ള വാക്യങ്ങളെല്ലാം നമുക്കായിട്ട് നമുക്ക് എടുക്കാം ഇവിടെ ഇതാ യേശു പറയുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഞാന് എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഒരു ടോട്ടൽ സറണ്ടർ ഉള്ളയാളാണ് അതാണ് ആ പത്താമത്തെ വാക്യം പറയുന്നത് പിതാവിനോട് പറയുന്നു എൻ്റേതല്ല നിൻ്റേതും നിൻറ്റേതെന്ന് പറയുന്ന ആരെ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് പിതാവിനെയാണ് പിതാവ് എൻ്റേത് എല്ലാം നിൻറ്റേതാണ് നിൻറ്റേത് എല്ലാം എൻ്റേതുമാണ് സമർപ്പണം സമർപ്പണമെന്ന് പറയുമ്പോൾ പൂർണ്ണ സമർപ്പണമെന്നൊന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ ഈ പത്താമത്തെ വാക്യവും ആ പത്താമത്തെ വാക്യത്തിൽ ലേശു എന്താ പിതാവിനോട് പറയുന്നത് പിതാവ് എൻ്റേത് എൻറ്റേതെന്ന് വെച്ചാൽ എന്താ ഞാൻ എനിക്കുള്ളത് എൻ്റെ ചിന്തകൾ എല്ലാം എല്ലാം എല്ലാം എല്ലാം എൻ്റേത് മൈൻ എന്ന് പറയുന്നതെല്ലാം ആരുടേതാ നിൻ്റേതാ യാഗപീഠത്തിൽ അതിനെ വെച്ചു അതില്ല എൻ്റേതെല്ലാം നിൻ്റേതാ എന്തൊരു വലിയ ഒരു സമർപ്പണമാണത് അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താ നിൻ്റേതെല്ലാം എൻ്റേതുമാണ് എന്ന് വെച്ചാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെതെല്ലാം എൻ്റേതുമാണ് എന്തൊരു വലിയ വിശ്വാസമാണ് എന്തൊരു വലിയ സമർപ്പണം എന്തൊരു വലിയ വിശ്വാസം തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച ഈ സമർപ്പണവും വിശ്വാസവും പിതാവിൻ്റെ മുമ്പാകെ പറഞ്ഞിട്ട് എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നു ഞാൻ ഈ ഈ സമർപ്പണവും ഈ വിശ്വാസവും കൊണ്ട് ഞാൻ ഇവരിൽ മഹത്വപ്പെട്ട് പിരിക്കുന്നു ഞാൻ ഇവരിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ നിലയിൽ ഇവരും എന്തായിരിക്കണം ഒരു സമർപ്പണവും വിശ്വാസമുള്ളവരാകണം അങ്ങനുണ്ടെങ്കിലേ ഞാനിവരിൽ മഹത്വപ്പെടുകയുള്ളൂ ഞാനിവരിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയുള്ളു ഞാനിവരിൽ മഹത്വപ്പെടുകയുള്ളു നമ്മൾ പലപ്പോഴും വിചാരിക്കും കർത്താവെ നീ എന്നിൽ മഹത്വപ്പെടണം എന്നൊക്കെ നമ്മൾ വലിയ വാക്കുകളൊക്കെ പറയാറുണ്ടല്ലോ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറയാറുണ്ട് അത് ഞാനും അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട് പക്ഷേ സഹോര സഹോരി അങ്ങനെ അങ്ങനെ വെറുതെ അങ്ങ് മഹത്വപ്പെടുകയില്ല നമ്മൾ വിചാരിക്കുക നമ്മൾ ഉച്ചത്തിൽ അങ്ങ് പാട്ട് പാടിയാൽ ഉച്ചത്തിൽ കയ്യടിച്ചാലോ ഏതാണ്ടെല്ലാം പറഞ്ഞാലോ ഒക്കെ അങ്ങ് മഹത്തപ്പെടും ഞാൻ ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നേ ഇതെല്ലാം ഇതെല്ലാം വേണം പാട്ടുപാടുകയും വേണം കൈ ഉയർത്തുകയും വേണം പ്രാർത്ഥിക്കുകയും വേണം ഇതെല്ലാം വേണം പക്ഷേ ജീവിതത്തിൽ ഈ നിലയിൽ എൻ്റെതെല്ലാം എൻ്റേതെല്ലാം നിൻ്റേതാണ് എന്നുള്ള ഒരു സമർപ്പണമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പാകെ ഒരു മഹത്വമായി തീരുകയുള്ളൂ എന്നാണ് യേശു ഇവിടെ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലുള്ളതെല്ലാം സ്വർഗത്തിലുള്ള സകല ആത്മീയ അവകാശങ്ങളും അധികാരങ്ങളും ആത്മീയമായെല്ലാം ആ നിലയിലുള്ള സമ്പത്തും അത് എൻ്റേതുമാണ് നിൻ്റേതൻ്റെ എൻ്റേതുമാണ് ഈ നിലയിലുള്ള ഒരു മനോഭാവം വന്നാലാണ് അവരെ മഹത്വപ്പെടുക എന്ന് പറയുന്നു നമുക്കൊന്നാമത് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം നമ്മുടെ സമർപ്പണം ഏത് നിലയിലിരിക്കുന്നു നമ്മളൊക്കെ ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടാണ് ഈ വഴിയിലേക്ക് വന്നത് നമ്മളൊക്കെ ജീവിതം ഇനി മുതൽ ഞാൻ കർത്താവിനായിട്ട് ജീവിക്കും എന്നൊരു കൊച്ചു വാക്കായിരിക്കും പറഞ്ഞത് പക്ഷേ ആ കൊച്ചു വാക്ക് ദൈവം അംഗീകരിച്ചു ഒരു സമർപ്പണമാണത് ഒരു ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത് നമ്മുടെ ഭാവിയോ മറ്റൊന്നും നമ്മൾ ചിന്തിക്കാതെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം നമ്മൾ കർത്താവിൻ്റെ മുമ്പാകെ ഒരു ഭാവിയെ പോലെ വന്ന് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു കൊള്ളാം തുടക്കം അവിടെയാണ് പക്ഷേ ആ ഒരു കൊച്ചു സമർപ്പണത്തെയും നമ്മൾ നിൽക്കരുത് എന്ത് വേണം അതിൽ നിന്ന് പിന്നെയും പിന്നെയും പിന്നെയും പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന രംഗങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ സമർപ്പിതരായി കർത്താവേ ഞാൻ വിചാരിച്ചു എൻ്റേതല്ല നിൻ്റേതാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഏ ഞാനങ്ങനെ പറഞ്ഞു ഞാൻ സഭയിൽ പോകുന്നുണ്ട് ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ അവിടെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചുരുക്കത്തി അവിടെയുള്ള സഭയിലുള്ളവർക്കും എന്നെ കുറിച്ച് നല്ല നല്ല അഭിപ്രായമൊക്കെ ഉണ്ട് അപ്പം ഞാനങ്ങ് എല്ലാം തികഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ജീവിതത്തിലേതെങ്കിലും ഒരു രംഗത്ത് നമ്മൾ ഞെട്ടലോടെ മനസ്സിലാക്കും അയ്യോ ഞാൻ വിചാരിച്ച പോലെ വലിയ ആത്മീയനൊന്നുമല്ലോ ഞാൻ ദൈവത്തിനായിട്ട് അങ്ങനെയൊന്നും സമർപ്പിച്ചിട്ടില്ലല്ലോ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കൂ കൂടെ ചെയ്യുന്ന ആൾ പറഞ്ഞ കൊച്ചു വാക്കിൻ്റെ മുമ്പിൽ ഞാൻ ഇത്രയും ക്ഷോഭിക്കേണ്ട കാര്യം എന്താ ആ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിത പങ്കാളി എന്നെക്കുറിച്ച് മനസ്സിലാക്കാതെ എന്തെങ്കിലും പറഞ്ഞതിന് ഞാനിത്രയും ക്ഷുഭിതനാകേണ്ട കാര്യമെന്താ അപ്പം ഞാൻ എന്തു ചെയ്തിട്ടില്ല ഞാൻ എൻ്റേതെല്ലാം അവൻറ്റേതായിട്ടില്ല എന്ന് ഒക്കെ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ പല രംഗങ്ങളിൽ നമ്മൾ കണ്ടെത്തും കണ്ടെത്തുമ്പം എന്ത് വേണം കണ്ടെത്തുമ്പം വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിനോട് ഉള്ള നമ്മുടെ സമർപ്പണം സമർപ്പണവും വിശ്വാസവും പുതുക്കണം കർത്താവിനോട് പറയണ കർത്താവേ ഞാൻ വിചാരിച്ചു ഞാൻ ഇതെല്ലാം കടന്നു എന്നാണ് വിചാരിച്ചേ പക്ഷേ അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ ഞാൻ വീണ്ടും എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയ എന്ന് പറയണം കർത്താവ് ഒരിക്കലും ഒരുപമ പറഞ്ഞല്ലോ ആഴക്കുഴിച്ച് പാറമേലെ അടിസ്ഥാനം ഇട്ടവ് പെട്ടെന്നൊരു ചെറിയ കുഴി കുഴിച്ചാൽ പോരാ ഏ ആഴക്കുഴിക്കണം ആഴക്കുഴിക്കണം അത് സമർപ്പണത്തെയാണ് കാണിക്കുന്നത് പിന്നെയും പിന്നെയും പിന്നെയും ആ പാറയിലെത്തുവോളം ആഴക്കുഴിച്ച് അത് നമുക്കെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ കർത്താവിനെ രക്ഷകരായി സ്വീകരിച്ചപ്പോൾ അതിന് തുടക്കം കുറിച്ചു പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ ഉപരിതല സ്പർശിയായ നമ്മുടെ സമർപ്പണത്തെ കാണിക്കുമ്പം നമ്മുടെ സമർപ്പണത്തിന് ആഴമില്ല എന്ന് കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവേ എൻ്റെതെല്ലാം നിൻ്റെ ആണ് എന്നാൽ പത്ത് പൈസ ഇവിടെ കണ്ടക്ടർ തിരികെ തരാതെ വന്നപ്പം ദാണ്ട് കിടക്കുന്നു എൻ്റെ സന്തോഷവും പോയി അപ്പം ഞാനാര സത്യത്തെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ടോ അത് കാണുമ്പോൾ നിരാശപ്പെട്ടു പോകരുത് നിരാശപ്പെടാതെ വീണ്ടും ദൈവത്തിൻ്റെ സ്ഥലത്തിൽ കർത്താവേ ഞാനൊരു കൊച്ചാളാണ് ഞാൻ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതെന്നെ കാണിച്ചു തന്നല്ലോ താങ്ക് യു കർത്താവേ ഞാൻ ഇതും നിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആഴക്കുഴിക്കാനായിട്ട് കഴിയുന്നത് ഇതാ ഇവിടെ കർത്താവ് തൻ്റെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഈ ഈ ഒരു സമർപ്പണം അവരുടെ ജീവിതത്തിലുണ്ടായി അവരെ എന്നെ ഞാൻ അവരിൽ മഹത്വപ്പെടാനായിട്ട് ഇടയാകണം എന്നാണ് അവിടെ പറയുന്നത് രണ്ടാമത് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ പതിനേഴാമത്തെ പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം കണ്ടോ നീ എനിക്ക് തന്നിരിക്കുന്ന അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അവരെ എന്തോ ചെയ്യണം അവരെ കാത്തുകൊള്ളണം ഈ ലോകത്താണ് അവരായിരിക്കുന്നത് പക്ഷേ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ കാത്തുകൊള്ളണമേ എന്ന് താൻ അവിടെ പറയുക അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും ഇതേ കാര്യം ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു അവിടെ പതിനഞ്ചാമത്തെ വാക്യം അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ അപേക്ഷിക്കുന്നത് എന്താ പിതാവേ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അവർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പം അവരീ ലോകത്താ ഈ ലോകത്ത് ആരുണ്ട് ലോകത്ത് ദുഷ്ടനുണ്ട് ദുഷ്ടനെന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ് പിശാജ് കർത്താവ് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണേ എന്നൊരു വരി ഉണ്ടല്ലോ മത്തായി എഴുതി സുശേഷം ആറാം അധ്യായം ഈ ഭാഗം മറിക്കാതെ തന്നെ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം ആറാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിച്ച ആ കർത്തൃപ്രാർത്ഥനയിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ ദുഷ്ടങ്കിൽ നിന്ന് അതേ വാക്ക് തന്നെയാണ് ഇവിടെ വരുന്നത് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം അവരെ കാത്തുകൊള്ളണേ ഓ പിശാചെ കർത്താവായ യേശുവിനെ വരെ ഈ ഭൂമിയിലായിരുന്നപ്പം പരീക്ഷിക്കാനായിട്ട് അടുത്ത് വന്നവനാണ് അങ്ങനെയുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യും നമ്മളെയും വെറുതെ വിടുകയില്ല അവങ്കിൽ നിന്ന് നമ്മളെ കാത്തുകൊള്ളണേ എന്ന കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് വലിയൊരു ധൈര്യം നൽകട്ടെ ചില വിശ്വാസികളിൽ ചില ആളുകൾ അങ്ങ് പിശാജിനെ ഒത്തിരി പേടിക്കുന്ന ചില ആളുകളുണ്ട് സഹോരൻ നീ അങ്ങനെയാണോ ഏഹ് എവിടെ തിരിഞ്ഞാലും പിശാജ് ഇപ്പം നമ്മളെ അങ്ങനെ ചെയ്ത് കളയും പിശാജ് പിശാജ് ഇവിടെ ഇതാ കർത്താവ് പറയുന്നു കർത്താവ് എന്താ അന്ത്യ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദുഷ്ടൻ ഇവരെ തൊടാൻ അനുവദിക്കരുത് ഇവെങ്കിൽ ഇവരെ കാക്കണം അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി അന്ന് അന്ത്യപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വർഗത്തിൽ കർത്താവ് ആ പക്ഷപാതം തുടർന്നു കൊണ്ടിരിക്കുക നമ്മളോട് പറയുക നമുക്ക് വേണ്ടി പിതാവിനോട് പറയുക അവരെ ദുഷ്ടൻ തൊടല്ലേ ദുഷ്ടൻ തുടല്ലേ അതുകൊണ്ട് നമുക്ക് വലിയൊരു ധൈര്യം ഇനിയും ആ നിലയിലുള്ള പേടി വരുമ്പം ഈ കാര്യം ഓർത്തു ഏതാ യോഹനൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ കണ്ട പതിനൊന്നും പതിനഞ്ചും വാക്യങ്ങൾ ഓർക്കുക കർത്താവ് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ ഈ ഭൂമിയിൽ സംരക്ഷിക്കാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ എന്നെൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നു വിടുമ്പം വണ്ടി കാത്ത് അവൻ വരുന്ന വണ്ടി കാത്ത് റോഡിൽ നിൽക്കുമ്പം എന്താന്ന് സഹോദരി നിന്റെ മനസ്സിൽ കൂടെ വരുന്നത് അയ്യോ ഇന്നത്തെ കാലത്തൊക്കെ വണ്ടികൾ എങ്ങനെയൊക്കെയാ ചീറിപ്പാഞ്ഞു വരുന്നത് എന്തെല്ലാം അപകടമുണ്ട് കുഞ്ഞ് വരുന്ന വഴിക്ക് വല്ലോവും ഏ പലർക്കും കുഞ്ഞിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ പുള്ളിക്കാരെ ആഫീസിൽ പോയതാണ് ഇത് വൈകിട്ട് ഈ സാധാരണ വരുന്ന വണ്ടിക്ക് കണ്ടില്ല അഞ്ചിൻ്റെ വണ്ടിക്ക് കണ്ടില്ല ഇനി ഈ അര അഞ്ചരയുടെ വണ്ടിക്കാ വന്നു അരമണിക്കൂർ സഹോരി എന്താ ഇരുമൊരു സഞ്ചാരമാ ഓ ഈ വരുമോ വരാതിരിക്കുമോ ഇനി വല്ല സംഭവിച്ചു സഹോരാ സഹോരി കർത്താവ് കാക്കവും കർത്താവ് കാക്കും കാത്തുകൊള്ളാൻ കർത്താവ് അവിടെ വെച്ച് ഇവിടെ വെച്ചാൽ പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കാര്യം നിനക്കൊരു വലിയ ധൈര്യം തരട്ടെ നിന്നെ സംബന്ധിച്ചും നിൻ്റെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചും ദൈവം കാക്കും കാക്കും അതാണ് ഈ കണ്ടത് ഒരിടത്ത് നമുക്ക് ഒരിടത്ത് പറഞ്ഞാൽ നമുക്ക് ധൈര്യം വരാതിരിക്കാത്തത് കൊണ്ടായിരിക്കും രണ്ടിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണേ കാക്കണേ ദൈവമാണ് അത് വിടിവിക്കുന്നത് അല്ലാതെ നമ്മുടെ ഒത്തിരി നമ്മുടെ ഒത്തിരി സംരക്ഷണം കൊണ്ട് നമുക്ക് നിന്ന് പോകാനായിട്ട് ഒക്കുകയില്ല ദൈവമാണ് നമ്മളെ കാക്കുന്നത് എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ പിതാവിനോട് പ്രാർത്ഥിച്ച ദുഷ്ടക്കൽ നിന്ന് അവരെ കാക്കണേന്ന് ആരോടാണ് പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത് പിതാവിനോടാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ആരാ സംരക്ഷിക്കുന്നത് പിതാവാണ് സംരക്ഷിക്കുന്നത് നിൻ്റെ ഒത്തിരി വെപ്രാളം കൊണ്ടല്ല സംരക്ഷിക്കപ്പെടുന്നു അത് മനസ്സിലാക്കുക നമ്മൾ ഈ കാര്യം ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വേറെ ഇതിൽ നിന്നെടുക്കാവുന്ന വേറൊരു ചിന്തയെന്ന് പറയുന്നത് ദുഷ്ടെന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് ഒരു യാഥാർത്ഥ്യമാണ് ചിലർ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല പിശാജ് എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് അങ്ങനെയല്ല അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരാളുണ്ട് അല്ലെങ്കിൽ അവനും അവൻ്റെ സേനകളുമുണ്ട് അവൻ ആരാ ഉന്നം വെക്കുന്നത് അവന ഉന്നം വെക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നുമല്ല അല്ലെ പ്രസിഡൻറ്റിനെയൊന്നുമല്ല നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഒന്നുമല്ല നമ്മുടെ നാടിന് ചിലർ പറയാറുണ്ടല്ലോ ഓരോ ദേശത്തിന് ഓരോ ദേശാധിപതികളൊക്കെ ഉണ്ട് പിശാജ് ഇത് മൊത്തം അങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ കുടമാളൂർ പ്രദേശത്തിൻ്റെ ദേശാധിപതി ഉന്നം വച്ചേക്കുന്നത് ആരെയാണ് കുടമാളൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയല്ല മറിച്ച് സഹോരാ സഹോരി നീ യഥാർത്ഥത്തിൽ ദൈവത്തിനായിട്ട് ജീവിക്കാൻ ഈ പ്രദേശത്തുണ്ടെങ്കിൽ നീ ആണവൻ്റെ ഒന്നാം നമ്പർ ശത്രു നിന്നെ വിഴിക്കാനാ നിൽക്കുന്നത് അവനെയോൻ്റെ സൈന്യം അയ്യോ എൻ്റെ ബ്രദറെ പേടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയാതെ എന്നാണോ നിങ്ങൾ പറയുന്നത് പേടിക്കണ്ട സഹോരാ പേടിക്കണ്ട ആരുണ്ട് ദുഷ്ടങ്കിൽ നിന്ന് കാക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവുണ്ട് കർത്താവുണ്ട് അവൻ ഉന്നം വെച്ചേക്കുന്നത് അവൻ ഒന്നാം നമ്പർ ശത്രുവായിട്ട് കണ്ടേക്കുന്നത് യഥാർത്ഥ വിശ്വാസിയെയാണ് നീ ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ നീ മറ്റൊരാടെ ഹിറ്റ് ലിസ്റ്റിൽ പെടുക ആരുടെ ഹിറ്റ് ലിസ്റ്റ് ഹിറ്റ് ലിസ്റ്റിൽ പിശാജിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെടുക ശരിയാണ് അത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ പറയുന്നു ദുഷ്ടങ്കിൽ നിന്ന് അവരെ കാക്കണേ ദുഷ്ടനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു റിയാലിറ്റിയാണ് പക്ഷെ പേടിച്ചു പോകണ്ട പേടിച്ചു പോകണ്ട കാക്കാൻ നമുക്കൊരു ദൈവമുണ്ട് കർത്താവ് ദൈവജനത്തിൽ എത്രയോ ധൈര്യം തരുന്ന വാക്കുകളുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം അവൻ നമുക്ക് ചുറ്റും തീമതിലായിട്ടുണ്ട് അങ്ങനെ ഒരു വാക്യുണ്ട് നമ്മളെടുത്ത് വായിക്കുന്നില്ല നമുക്ക് ചുറ്റും തീമതിൽ തീമതിൽ അപ്പോൾ ആർക്കെങ്കിലും വരാൻ ഒക്കുമോ തീ കൃഷ്ണമണി പോലെ ഏഹ് നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് ദൈവം പറയുന്നത് നമ്മൾ ആരേലും കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ നമ്മുടെ മടിയിലിരിക്കുന്ന കുഞ്ഞായാലും നമ്മുടെ മൂക്കെ പിടിച്ചാൽ നമ്മൾ സമ്മതിക്കും ആ ചെവിയൊന്ന് പിടിച്ചാൽ ആ ഒന്ന് ഓമനിക്കാനൊക്കെ തുടങ്ങി ആ കുഞ്ഞല്ലേ നമ്മുടെ മുടിത്തുമ്പയിൽ ഒന്ന് പിടിച്ചാൽ സാരമില്ല എന്നാൽ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടാൻ വന്നാലോ നമ്മുടെ വിധം മാറും നമ്മൾ ആരെയും സമ്മതിക്കൽ എന്തോ തൊടാൻ സമ്മതിക്കൽ കൃഷ്ണമണിയെ തൊടാൻ സമ്മതിക്കല് സമ്മതിക്കുമോ ഇല്ല നമ്മൾ ആരാന്നാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് കൃഷ്ണമണിയാ അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ തൊടാൻ ആ ദൈവം സമ്മതിക്കുമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം കർത്താവ് മൂന്നാമതായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് പല കാര്യങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പതിനൊന്നാം ആക്യം ഇപ്പം നമ്മൾ വായിച്ചെടുത്ത് തന്നെ വേറൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് പരിശുദ്ധ പിതാവ് അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു എന്നുവെച്ചാൽ പിതാവും പുത്രനും എന്താ പിതാവും പുത്രനും ഒന്നാണ് അവർ തമ്മിൽ തികഞ്ഞ ഐക്യതയുണ്ട് ഇവിടെ കർത്താവ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കും ദൈവത്തോടും സഹോദരവർഗത്തോടും നല്ല ഐക്യത നല്ല യൂണിറ്റി ഉണ്ടാകേണ്ടതിനു വേണ്ടി കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്നു ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലും ഇരുപത്തിയൊന്നാമത്തെ വാക്യം നീ എന്നെ എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് അവരെല്ലാവരും തമ്മിൽ ഒന്നാകേണ്ടതിന് ഒരു യൂണിറ്റി ഒരു ഐക്യത അവരെല്ലാവരും ഒന്നാകേണ്ടതിന് എന്നിട്ട് പിന്നെയും പറയുന്നു പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് കണ്ടോ കർത്താവ് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഒന്നാകാൻ വേണ്ടിയാണ് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നീ എന്നെ സ്നേഹിക്കുന്നത് അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ ആ ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം അതിൻ്റെ താഴത്തെ ഭാഗം നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത് കണ്ടോ കർത്താവ് നമ്മൾ ദൈവത്തോടും നമ്മൾ തമ്മിലും ഐക്യതയോടെ ആയിരിക്കാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു മൂന്നാമത് പ്രാർത്ഥിക്കുന്നു എങ്ങനെയാ ഐക്യതയോടെ ജീവിക്കുക ദൈവത്തോടെ ഐക്യതപ്പെടുക നമ്മൾ കഴിഞ്ഞൊരു ദിവസം ചിന്തിച്ചു എവിടെയെങ്കിലും നമുക്ക് ദൈവത്തിനും ഇടയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ എന്തോ വേണം അതോടനെ സെറ്റിൽ ചെയ്യണം വലിയ കാര്യം വന്നാലും വലിയ കാര്യം വന്നാലും സെറ്റിൽ ചെയ്യണം ചെറുതോ വലുതവോ ആകട്ടെ നമ്മളെയും ദൈവത്തിന് ഇടയ്ക്ക് ഒരു കാര്യം വന്നാൽ ഒരു പാപമാണ് ദൈവത്തിൻ്റെ മുഖം കാണാതെ നമ്മളെ മറക്കുന്നത് അങ്ങനെ കാര്യം വന്നാൽ അതിൻ്റെ ഒരു ട്രൈസ് വന്നാൽ എന്തായി ഒരു കാര്യം വരിക അതെന്ത് ചെയ്യണം അത് ക്രമീകരിക്കണം സെറ്റിൽ ചെയ്യണം അത് ക്രമീകരിക്കണം അങ്ങനെ ദൈവത്തോട് ഒരു ഐക്യതയിൽ നമ്മൾ പോകണം അതുപോലെ തന്നെ ഇവിടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമെന്താ നിങ്ങൾ തമ്മിൽ ചർച്ചിലുള്ളവർ തമ്മിൽ അല്ലെങ്കിൽ ഒന്നിച്ചു വിളിക്കപ്പെട്ട ആളുകൾ തമ്മിൽ അവർ തമ്മിൽ എന്ത് വേണം നല്ല ഒരു ഐക്യതയുണ്ടാകണം എങ്ങനെയാണ് ഐക്യതയുണ്ടാകുന്നത് ഈ കർത്താവ് ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ലോകപ്രകാരം എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല രണ്ടുപേര് തമ്മി ഐക്യതപ്പെടാൻ ഒക്കെ എത്രയും അടുത്ത ബന്ധവും ഭാര്യയും ഭർത്താവും ബന്ധം ഏഹ് അതിൻ്റെ അകത്ത് ഭർത്താവ് കിഴക്കോട്ട് പോകുമ്പോൾ ഭാര്യ എങ്ങോട്ട് പോകും പടിഞ്ഞാറോട്ട് പോകും ഏഹ് നിങ്ങൾ അങ്ങനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഐക്യതയില്ല ഐക്യതയില്ല ഐക്യതയില്ല ഈ ഐക്യതയ്ക്ക് തടസ്സം എവിടാ കുടുംബത്ത് ഐക്യതയില്ല സഭയിൽ ഐക്യതയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ തടസ്സം എവിടെയാണ് എന്താ ഈ തടസ്സം അന്യോ അന്യം ഐക്യതപ്പെടാനുള്ള തടസ്സം എന്താ തടസ്സം ഞാൻ വളരെ വേഗത്തിൽ പറയാം അതിൻ്റെ തടസ്സം നമ്മുടെ ഈഗോയാണ് നമ്മുടെ നമ്മുടെ വലിയ ഭാവമാണ് അതേസമയം ആ വലിയ ഭാവം ഒന്ന് മാറ്റി വച്ചാട്ട് വേറൊരാൾ നമ്മളോട് അനീതിയായിട്ടാണ് പെരുമാറുന്നതെങ്കിലും നമ്മളവിടെ അന്നേരം നമ്മുടെ ഈഗോയെ സ്പർശിക്കുക നമ്മൾ വിചാരിക്കുക ആഹ് അയാളങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയും ഞാൻ എന്ന ആൾ മോശമാണോ ഞാനാര മോൻ എന്നൊക്കെ ആളുകൾ പറയുന്നു ഞാനാര അവനങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യും അതിന് പകരം ഈ ഞാനിനെ ഒന്ന് താഴ്ത്തി വെക്കാമോ അഹം എന്ന് പറയുന്നത് ഈഗോ എന്ന് പറയുന്നത് അതിനെ ഒന്ന് താഴ്ത്തി വച്ചാൽ ഐക്യതയായി ഐക്യതയായി ഞാനെപ്പോഴും ഇവിടെ പലപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചുകാരി ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ച ഒത്തിരി ഓർമ്മകളും കഥകളും ഒക്കെ എൻ്റെ മനസ്സിലുള്ളു ഞാനിതുതന്നെ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരിക്കലും ഇവിടെ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് തമിഴ്നാട്ടിലുള്ള സഹോദരന്മാർ തമിഴ്നാട്ടിലുള്ള സഹോദരന്മാർ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവർ ബസ് ട്രെയിൻ കയറാനായിട്ട് നിൽക്കുക ട്രെയിൻ കയറാനായിട്ട് നിൽക്കുക അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് എസ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഒരു കമ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഇരിക്കട്ടെ എസ് ഫൈവ് എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത് ആ കമ്പാർട്ട്മെൻറ്റ് കയറാനായിട്ട് മൂന്ന് സൗകര്മാർ നാല് സഹോദരന്മാർ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് എസ് ഫൈവ് വന്ന് നിൽക്കുന്നിടത്ത് അവിടെ ചെന്ന് നിൽക്കുക നിന്നപ്പോൾ വണ്ടി വരുന്നു വണ്ടി വന്നു വണ്ടി വന്ന് നിന്നപ്പോൾ ഈ സഹോദരന്മാരെ ചെയ്തു സ്വാഭാവികമായിട്ട് ആ കമ്പാർട്ട്മെൻ്റിൽ കയറാനായിട്ട് അതിൻ്റെ അടുത്തോട്ട് ചെന്നു അടുത്തോട്ട് ചെന്നപ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങാൻ തുടങ്ങുക ഒരിച്ചിരി പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇറങ്ങാൻ തുടങ്ങുക അപ്പച്ചൻ്റെ കയ്യിൽ എന്തുണ്ട് പെട്ടികളുണ്ട് കിടക്ക പെട്ടികളുണ്ട് ബായികളുണ്ട് സഞ്ചിയുണ്ട് ഒരു വലിയ പാണ്ഡക്കെട്ടുണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹം ഇതിൻ്റെ വാതുക്ക കൊണ്ടുവച്ചേക്കുക വാതുക്ക കൊണ്ടു സത്യത്തിൽ അദ്ദേഹത്തിന് ഇതെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ സത്യത്തിൽ അറിഞ്ഞു വിടാം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ ഇതേ കയറാനായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നു കയറി വരുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി അദ്ദേഹം പറഞ്ഞു ആ നിങ്ങളിങ്ങനെ ചെറുപ്പക്കാരൊക്കെ വണ്ടി നിർത്തുമ്പോഴത്തേക്കിങ്ങ് കയറാൻ തുടങ്ങിയ ഞങ്ങളെപ്പോലുള്ള പ്രായമുള്ള ആളുകൾ ഇറങ്ങണ്ടേ നിങ്ങൾക്ക് പിള്ളേർക്ക് എന്തുമാകാമെന്നാണോ ഞങ്ങൾ പ്രായം അങ്ങനെ അങ്ങ് പോവുക അങ്ങനെ അങ്ങ് പോവുക ഉടനെ നമ്മുടെ സൗരന്മാരെ അത് പ്രതീക്ഷിച്ചില്ല അവരെന്തെന്നാണ് ചെയ്യുന്നത് അവർക്ക് എസ് വൈ അവിടെ കയറണം ഈ അപ്പച്ചനെ ഇറക്കരുതെന്നൊന്നും അവർക്ക് വിചാരമൊന്നുമില്ല ആളുകളെ ഇറങ്ങിപ്പോയിട്ട് കയറാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ നിൽക്കണ്ടേ ഉള്ളൂ പക്ഷെ ഇദ്ദേഹം വിചാരിക്കുന്നത് എന്താ ഇവർ തന്നെ ഇറങ്ങാൻ അനുവദിക്കാത്ത ഏതോ ശത്രുക്കളാണ് എന്നുള്ള മട്ടിൽ ഈ പ്രായമുള്ള പിതാവ് സംസാരിക്കുക ഉടനെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരായ നമ്മുടെ സഹോരന്മാർ രണ്ടുമൂന്ന് പേർ അങ്ങോട്ട് കയറി ചെന്ന് കയറി ചെന്ന് അപ്പച്ചൻ്റെ പെട്ടി ഒരാളെടുത്തു അപ്പച്ചൻ്റെ പാണ്ടക്കെട്ട് വേറൊരാളെടുത്തു വേറൊരാൾ അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചു വാ ഇറങ്ങിയാട്ട് എന്ന് പറഞ്ഞ് അപ്പച്ച നിമിഷ നേരം കൊണ്ട് അപ്പച്ചൻ്റെ കിടക്കയും പാണ്ടക്കെട്ടും പെട്ടികളും ഭാഗ്യം എല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തി അപ്പച്ചനെയും കൊണ്ടുവന്ന് ഫാനിൻ്റെ കീഴിൽ നിർത്തിയപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരി വന്നു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എവിടെയാ അവിടെ ആരാ ഇതിൻ്റെ അകത്ത് ജയിച്ചതാരാ ജയിച്ചതാരാ ജയിച്ചത് ഈ ഈ പിതാവ് ആവശ്യമില്ലാതെ ഇവരോടെ ഒച്ച വയ്ക്കുക ഇദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞിട്ടേ അവർ കയറുകയുള്ളൂ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇറങ്ങാനൊക്കുമോ ഇല്ലയോ വണ്ടി രണ്ട് മിനിറ്റേ ഇവിടെ നിർത്തുകയുള്ളൂ ഇതെല്ലാം കൊണ്ട് ഇറങ്ങാനൊക്കുമോ ഇങ്ങനെയുള്ള ഒത്തിരി പ്രാരാബ്ദങ്ങളും ചിന്തകളും മനസ്സിലുള്ളതുകൊണ്ട് അദ്ദേഹം ഉച്ച വയ്ക്കുക ഉച്ച വയ്ക്കുമ്പോൾ ചെറുപ്പക്കാർ സാധാരണ എന്താ ചെയ്യുന്നത് ആഹ് അങ്ങനെയാണോ എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബദലുക്ക് ബദലല്ലേ അവർ ചെയ്യേണ്ടത് പക്ഷേ അവർ അവർ വേറൊരു കാര്യമാണ് ചെയ്ത് അവരെന്ത് ചെയ്തു അവരവരുടെ ഈഗോയെ താഴ്ത്തി വെച്ചു ആഹാ പാവം അപ്പച്ചൻ നമ്മളെ ചെന്ന് നമ്മുടെ അപ്പച്ചനാന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ ചെന്ന് കേ പെട്ടിയെടുത്തു ഒരാൾ ബായി എടുത്തു അപ്പച്ചനെ മറ്റൊരാൾ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി അപ്പച്ചന് സന്തോഷവും ഏഹ് അപ്പോഴത്തേക്ക് വണ്ടി പോകാറായി ഇവർ വണ്ടിയെ കയറിപ്പോയി അല്ലെങ്കിൽ അപ്പച്ച ഇവർക്ക് ചായ വാങ്ങിച്ചുകൊടുത്തേന് അത്ര സന്തോഷമായി ഞാൻ പറഞ്ഞത് സഹോര ജീവിതത്തിൽ എവിടെയും നമുക്ക് നമുക്ക് ആ സാഹചര്യത്തെ നമ്മുടേതാക്കാൻ എങ്ങനെ ഒക്കും നമ്മുടെ ഈഗോയെ താഴ്ത്തി വെച്ചാൽ മതി സർക്കാർ ഓഫീസുകളാണല്ലോ സാധാരണ ആളുകൾ വിചാരിക്കും ഞാൻ ഈ സർക്കാർ ഓഫീസിൽ ചെന്ന് ഒരു കാര്യം സാധിച്ചു വന്നപ്പോൾ കൂടുള്ള ഒരു ചോദിച്ചു എങ്ങനെ സാധിച്ചു ഞാൻ പറഞ്ഞത് നമ്മളവിടെ ചെന്ന് മിടുക്കനാകാനും നിൽക്കണ്ട ഏഹ് നമ്മളൊരു മുണ്ടു കൊടുത്ത് അവിടെ ചെന്ന് അതിൻ്റെ ക്ലർക്കിൻ്റെ അടുത്ത് ചെന്ന് മിണ്ടാതെ അവിടെ ഇച്ചിരി നേരെ നിൽക്കുമ്പോൾ ആദ്യം അവർ ഏതോ തിരക്കൊക്കെ കാണിച്ച് ഫയലിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കും ആദ്യം ഒന്ന് കണ്ണുയർത്തി നോക്കും അപ്പോൾ നമ്മളൊരു ചിരിയോടെ അവിടെ നിൽക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് അസ്വസ്ഥതയൊന്നുമില്ല പിന്നെയും അവർ പിന്നെയും കണ്ണുയർത്ത് നോക്കുമ്പോൾ ആ അപ്പോൾ അവർ ഏതോ ഒരു പാവം അപ്പച്ചൻ മുണ്ടും ഒക്കെ ഉടുത്ത് ഏഹ് കഷണ്ടി ഇഞ്ചേർക്ക് എന്തോ ആവശ്യമുണ്ട് ആ എന്താ അപ്പച്ച ഓ എൻ്റെ പൊന്നുമോളെ ഇന്നതാ കാര്യം ആഹാ അത് അപ്പച്ചന് അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ അവർ ആ കാര്യം അങ്ങ് ഏറ്റെടുക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെ ചെന്നാലും നമുക്ക് ജീവിച്ചു പോകാൻ ഒക്കും ദർ ഈസ് എ സ്പേസ് പ്രൊവൈഡ് നമ്മുടെ ഈഗോയാണ് പ്രശ്നം നമ്മൾ ചെല്ലുമ്പോൾ സർക്കാർ ഓഫീസിലുള്ള ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയാലും എങ്ങനെയാണ് ആ നമ്മളല്ലേ ഈ രാജ്യത്ത് ഇവർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് കരം കൊടുക്കുന്നത് അപ്പം നമ്മൾ ചെന്നാൽ നമ്മളെ മൈൻഡ് ചെയ്യണ്ടേ സഹോരാ എവിടെയും ഒരു സ്പേസ് ഞാൻ വേഗത്തിൽ പോകട്ടെ അപ്പോൾ ഐക്യത ഐക്യത എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ ഇത് പ്രശ്നം കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചു പോകാനൊക്കാത്ത പുള്ളിക്കാരൻ ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ ചത്താൽ എൻ്റെ നിന്ന് മാറുകയില്ല സഹോരി പറയും ആ ചാകണ്ട ചാകുന്നതിന് മുമ്പ് നീ നിൻ്റെ അഭിപ്രായത്തിൽ നിന്നൊന്നും മാറി നോക്കേ കാര്യം എത്ര ഭംഗിയായിട്ട് നടക്കും പ്രിയപ്പെട്ടവരെ ഈഗോ ഈഗോയാണ് പലയിടത്തേയും പ്രശ്നം സഭയിൽ ഒരു സഹോദരൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു മറ്റേ സൗകരം വിചാരിക്കുന്നു ഇതെല്ലാം തൂത്തിട്ട് കസേര ഇടാം എന്നൊരു സൗരം പറയുന്നു മറ്റൊരു സൗരം പറയുന്നു കസേര ഇട്ടിട്ട് തൂക്കാം എവിടെയാണ് ഇതിൻ്റെ അകത്തൊരു എവിടെയും ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് കണ്ടെത്താൻ നമ്മളൊരു വില കൊടുക്കണം ആ വിലയെന്ന് പറയുന്നത് നമ്മുടെ ഈഗോയുടെ വിലയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നു ഈ നിലയിൽ ഇത് കണ്ടെത്തി ഇവർക്ക് ജീവിക്കാൻ ഒരു ഐക്യത കൊടുക്കണേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച കാര്യങ്ങൾ എന്താ ഇവരുടെ പൂർണ്ണ സമർപ്പണത്തിനായിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കർത്താവ് ഇവരുടെ സുരക്ഷിതത്വത്തിനായിട്ട് പ്രാർത്ഥിച്ചു ഇവരുടെ ഐക്യതയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു നാലാമതായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളെ കാണുന്നു അവിടെ എന്താ എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് നാലാമതായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ സന്തോഷം സന്തോഷം ഇത് ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന മറ്റൊരു കാര്യവും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ക്രിസ്തീയ ജീവിതം വലിയ സന്തോഷമായ ജീവിതമാണ് ഈ സന്തോഷമാണോ അങ്ങനെയാണോ കർത്താവ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ അപ്പം നമ്മൾ ഇപ്പോഴും ഒരു മഹത്തൊരു കോളിനോ സ്ഥിരിയുമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കണമെന്നാണോ എന്താ എന്താ ഈ സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ ദുഃഖിക്കാൻ പാടില്ലേ നമുക്ക് വിഷമമൊന്നും വരരുതേ എന്താണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താ യാഥാർത്ഥ്യം എന്താ ഈ കാര്യം ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ പൗലോസ പറയുന്നുണ്ട് പൗലോസ അത വിശദീകരിക്കുന്നുണ്ട് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത് അതുമാത്രമല്ല എപ്പോഴുമുള്ള സന്തോഷം ഓൾവെയ്സ് ജോയ് എപ്പോഴും സന്തോഷം അങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ ഒക്കും സന്തോഷിക്കാനൊക്കും ഒരു അതിൻ്റെ ഒരു രഹസ്യം അവിടെ പറയുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി ഇൻ ദ ലോഡ് കർത്താവിലാണ് നമുക്ക് സന്തോഷിക്കാൻ ഒക്കുന്നത് നമ്മൾ പലപ്പോഴും ഈ സാഹചര്യം മാറിക്കഴിഞ്ഞ് സന്തോഷിക്കാനായിരിക്കുന്നത് എന്ന അങ്ങനെയല്ല അങ്ങനെയല്ല സാഹചര്യം മാറിയില്ലെങ്കിലും അവിടെ എന്തുണ്ട് കർത്താവ് കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ ഇൻ ക്രൈസ്റ്റ് ഞങ്ങളെ വെള്ളിയാഴ്ച കൂടിയപ്പോൾ സാധാരണ ഈ മരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടി രണ്ട് പ്രയോഗങ്ങളുണ്ട് എന്ന് ഞങ്ങൾ രണ്ട് തെയ്മത്തി ദിവസത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു രണ്ട് തെയ്മത്തി ദിവസം രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പഠിച്ചപ്പോഴും ഞങ്ങളിങ്ങനെ കണ്ടു ഏ ക് ക്രിസ്തുവേശുവിനോട് കൂടെ ക്രിസ്തുവേശുവിനോട് കൂടെ മരിക്കുന്ന എന്നൊരു പ്രയോഗം കണ്ടു അപ്പം തന്നെ ഒന്ന് തെസ്ലോനിക്കാർ നാലാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൽ ക്രിസ്തുവേശുവിൽ മരിക്കുക എന്നൊരു പ്രയോഗം കണ്ടു രണ്ടും രണ്ടാകെട്ടോ രണ്ടും രണ്ടാണ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവേശുവിൽ മരിക്കുക എന്ന് പറയുന്നതാണ് എന്ത് ഈ അക്ഷരാർത്ഥത്തിലുള്ള മരണം ക്രിസ്തുവിനോട് കൂടെ മരിക്കുക വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എന്താ അതതിൻ്റെ ആത്മീകമായ ആത്മീയമായ മരണത്തെ ഉദ്ദേശിച്ചാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ ക്രൂശ്ശുമരണത്തിൽ നമ്മളും പങ്കാളികളാകുന്നതിനെ കുറിച്ചാണ് വിത്ത് ക്രൈസ്റ്റ് അപ്പം രണ്ട് പ്രയോഗങ്ങൾ ഇൻ ക്രൈസ്റ്റും വിത്ത് ക്രൈസ്റ്റും ഇൻ ക്രൈസ്റ്റാണ് ഏതിനെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ അക്ഷരാർത്ഥത്തിലുള്ള മരണത്തെ സൂചിപ്പിക്കുന്നത് ഇൻ ക്രൈസ്റ്റ് ഇവിടെ ഇതാ സന്തോഷിക്കാൻ പറയുന്നിടത്തും എന്താ പറയുന്നത് ഇൻ ദ ലോഡ് ഇൻ ക്രൈസ്റ്റ് അപ്പോൾ അതൊരു ഒരളവിലൊരു മരണത്തെ സൂചിപ്പിക്കുന്നതാണ് എന്താ കർത്താവിൽ കർത്താവിൽ നീ മറിഞ്ഞിരിക്കുക നിനക്കെന്ത് ചെയ്യാനൊക്കെ നിനക്ക് ഈ സാഹചര്യങ്ങളിങ്ങനെയൊക്കെയാണ് നമ്മളെ മനസ്സിലാക്കാത്ത പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനിടയിലും സന്തോഷത്തിൻ്റെ ഒരു നീരുറവ ഏത് മരുഭൂമിയിലും ഓ മരുഭൂമിയിലും ഒരു ഒരു മരിപ്പച്ച പോലെ നമുക്ക് കർത്താവുണ്ട് കർത്താവിൽ നമുക്ക് സന്തോഷമുണ്ട് ഇൻ ക്രൈസ്റ്റ് പക്ഷേ അവിടെയും പ്രൊവൈഡ് നമ്മൾ നമ്മളെ തന്നെ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിൽ നമ്മൾ മറിഞ്ഞിരുന്നാലേ ആ ജോയി ആ സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അഞ്ചാമത്തെ കാര്യം കർത്താവ് പ്രാർത്ഥിക്കുന്ന അഞ്ചാമത്തെ കാര്യം നമുക്ക് നോക്കാം അവിടെ ഇതാ അതിൻ്റെ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മൾ മുമ്പേ ഒന്ന് വായിച്ചതാണ് നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നറിയാൻ അതുപോലെ അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും സ്നേഹം സ്നേഹത്തിന് വേണ്ടിയാണ് യേശു പിന്നീട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് സ്നേഹമെന്ന് പറയുമ്പം ദൈവത്തോടുള്ള സ്നേഹവും നമുക്ക് അന്യോന്യമുള്ള സ്നേഹവും ഈ സ്നേഹത്തിൽ നമ്മൾ കൂടുതലും മുതിർന്നു വരുമ്പം നമ്മുടെ ഒത്തിരി ഭാരങ്ങൾ മാറിപ്പോകും നമുക്കൊരു വാക്യം മാത്രം നോക്കാം ഒന്ന് യോഹന്നാൻ നാലാമധ്യായം ഒന്ന് യോഹന്നാൻ നാലാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ന്യായവിധി ദിവസം നമുക്ക് ധൈര്യം ഉണ്ടാകാൻ വേണം സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു അവനിരിക്കുന്നത് ഈ ലോകത്തിൽ നാമം ഇരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ടോ അവൻ ഇരിക്കുന്ന പോലെ ഈ ലോകത്തിൽ നാമവും ഇരിക്കുന്നു അവൻ എന്ന് പറയുന്ന ആരാ ഹി യേശുവിനെക്കുറിച്ച് അവിടെ പറയുന്നു യേശു ഈ ലോകത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മളും എന്തോ ചെയ്യുന്നു നാമം ഈ ലോകത്തിൽ ഇരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് നമ്മളെ അനാഥരായിട്ട് വിട്ടിട്ടില്ല ഇന്ന് സ്വർഗമെന്തോ ചെയ്യുന്നു യേശു ഈ ഭൂമിയിലായിരുന്നെങ്കിൽ ലോകത്തിൽ അവൻ ഇരിക്കുന്നത് പോലെ യേശു ഭൂമിയിലിരിക്കുന്നത് നമ്മളും ഇന്ന് ഈ ഭൂമിയിൽ ഇരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞത് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു പറഞ്ഞത് മനസ്സിലായോ അതായത് യേശു ഇന്ന് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ സ്വർഗത്തിൻ്റെ മുഴുവൻ നോട്ടവും ആരിലായിരിക്കും സ്വർഗത്തിൻ്റെ മണിമകുടമായവൻ പിതാവിൻ്റെ ഏകജാതൻ അങ്ങനെയുള്ള യേശു ഭൂമി വന്നാൽ സ്വർഗം മുഴുവൻ പിതാവും പരിശുദ്ധാത്മാവും ദൂതന്മാരുമെല്ലാം ആരെ ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്നത് യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്ന കാര്യം സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ ആനന്ദമായവൻ പിതാവിൻ്റെ ഏകജാതൻ അവനാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ വായിച്ചത് യേശു ഭൂമിയിൽ ഇരിക്കുന്ന പോലാണ് ഞാനും നീ ഭൂമിയിൽ ഇരിക്കുന്നതെന്ന് എന്ന് വെച്ചാൽ യേശുവിനെ എങ്ങനെ ശ്രദ്ധിച്ചോ എങ്ങനെ കരുതിയോ അതുപോലെ നമ്മളെയും കരുതുമെന്നല്ലേ ആ വാക്യത്തിൻ്റെ അർത്ഥം ഈ ചില വലിയ വലിയ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൊക്കെ ചില ആളുകളുണ്ട് ആരെ എനിക്കിപ്പോഴത്തെ അറിയുക അറിയല്ലേ ആരോ വലിയ പണക്കാർ വലിയ കോടികൾ ഉള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് ഒരു മകനെ ഉള്ളെന്നിരിക്കട്ടെ ആ മകൻ അമേരിക്കയിലെ നല്ല സുഖമായിട്ട് ജീവിക്കുമ്പോൾ അവന് തോന്നി ഇട ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ചെന്ന് അവിടെ ഒരു കൊച്ചു തൊഴിൽ ചെയ്ത് അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് അവൻ ഇന്ത്യയിലേക്ക് വന്നെന്നിരിക്കട്ടെ അപ്പോൾ വലിയ കോടിക്കണക്കിന് ഡോളർ പ്രതിമാസം പ്രതി ദിവസം കിട്ടുന്ന വലിയ കമ്പനിയുടെ ഇനിയും അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരണ്ടവനാണിവൻ അവനാണിപ്പോൾ എന്തോ ചെയ്യുന്നത് ഓ ഇന്ത്യ പോലെ ഒരു സ്ഥലത്തൊക്കെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വന്ന് ഒരു കൊച്ചു തൊഴിൽ ചെയ്ത് താൻ ആരാണെന്ന് അറിയിക്കാതെ ഈ കാര്യം ഒന്ന് പഠിക്കാനായിട്ട് വന്നെന്നിരിക്കട്ടെ പഠിക്കാനായിട്ട് വന്നാൽ ആ കമ്പനി എന്തോ ചെയ്യും ആ കമ്പനി കമ്പനി മുഴുവൻ ശ്രദ്ധയും ഇവൻ്റെ മേൽ കൊടുക്കും കാരണം എന്താ ഇവൻ ഇവൻ്റെ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഈ കമ്പനി ഇനി മുന്നോട്ട് പോകാൻ ആളില്ല നമ്മുടെ ഇനി ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇവനാണ് അങ്ങനെയുള്ള ഇവൻ ഇവിടെ വന്ന് താമസിക്കുമ്പം അവർ പ്രകടമായിട്ട് ഇവനെ അലോസനം തോന്നുമാറ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല പക്ഷെ ആരും കാണാത്ത നിലയിൽ മുഴുവൻ കാര്യവും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ എവിടെയാണ് താമസിക്കുന്നത് ഇവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇവൻ പോകുന്ന വഴിക്ക് ഇവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ആ ആറുമാസത്തേക്കായി ജോലി ചെയ്യാൻ വന്നതെന്ന് ഇരിക്കട്ടെ ഈ ആറുമാസവും ആ അമേരിക്കൻ കമ്പനിയുടെ അവരുടെ മുഴുവൻ ശ്രദ്ധയും ഇവനില്ല ഞാൻ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു കൊച്ചു ഒരു മോശപ്പെട്ട ഉദാഹരണം എന്ന് പറഞ്ഞതുപോലെ സ്വർഗം വിട്ട യേശു ഈ ഭൂമിയിലായിരുന്നപ്പം സ്വർഗത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആരുടെ മേല യേശുവിൻ്റെ മേല യേശുവിൻ്റെ ജീവിതത്തിൽ വരുന്ന ആളുകൾ എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചല്ലാതെ ഒരു കാര്യം സംഭവിക്കാൻ സ്വർഗം അനുവദിക്കുകയില്ല സഹോര സഹോരി കണ്ടോ നമ്മളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പം അവൻ ഇരിക്കുന്നത് ഈ ലോകത്തിൽ നാമ ഇരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ് നമ്മളെക്കുറിച്ച് നമ്മളതുകൊണ്ട് എന്ത് വേണം നമ്മളും ഈ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ മുതിർന്നു വരണം അന്യോന്യമുള്ള സ്നേഹവും നമുക്ക് വർദ്ധിച്ചു വരണം നമുക്ക് ആറാമത്തെ കാര്യം നമുക്ക് നോക്കാം യോഹനാൻ്റെ സുശേഷം പതിനേഴാമധ്യായത്തിലേക്ക് വരുമ്പോൾ ആറാമതായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതാ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ പതിനേഴിൻ്റെ പതിനേഴ് അപ്പം ഇവിടെ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മളെ വിശുദ്ധീകരിക്കണമേ നമ്മൾ സാങ്ടിഫൈ ചെയ്യപ്പെടണം നമ്മൾ എന്തു വേണം നമ്മൾ വിശുദ്ധരായിരിക്കണം നമ്മൾ വിശുദ്ധിയിൽ വർദ്ധിച്ചു വരണം പത്തൊൻപതാമത്തെ വാക്യവും വിശുദ്ധി അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് കർത്താവ് പ്രാർത്ഥിക്കുക കണ്ടോ പതിനേഴാമത്തെ വാക്യം പത്തൊൻപതാമത്തെ വാക്യം രണ്ട് വാക്യത്തിലും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക സഹോര സഹരി നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് കർത്താവ് പ്രാർത്ഥിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ വരുന്നുണ്ടോ ഇതൊരു പോരാട്ടമാണെന്ന് നമുക്കറിയാം പക്ഷേ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വിശുദ്ധിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും വിശുദ്ധി എന്നുള്ള വാക്ക് പലപ്പോഴും വിശ്വാസികളെ പലരെയും പേടിപ്പിക്കുന്ന ഒരു വാക്കാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും പോകാനൊക്കുകയില്ല എന്നാണ് എന്നാൽ യേശു സഹോര യേശു നിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ അന്ത്യപ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിച്ചു ഇന്ന് സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുമ്പോഴും ഇതേ പ്രാർത്ഥനയുടെ ആത്മാവിലാണ് യേശു തുടരുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ നോക്കി നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാം ഏഴാമത് അതിൻ്റെ ഏഴാമത് കർത്താവ് ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതെന്താണ് അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം പിതാവേ ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് അപ്പോൾ എന്തിനെ എന്തിനു ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ ഗ്ലോറി നമ്മൾ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ വീണ്ടും പറയുന്നു ബിഹോൾ ദ ഗ്ലോറി കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണണം കർത്താവിൻ്റെ മഹത്വം കാണണം കർത്താവിൻ്റെ മഹത്വം യേശുവിൻ്റെ മഹത്വം എന്താ യേശുവിൻ്റെ മഹത്വം യേശുവിൻ്റെ തേജസ് യേശുവിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് റോമർ കെഴുതി ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങൾ നമ്മളെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കർത്താവിൻ്റെ തേജസ് എന്ന് പറയുന്നത് എന്തായിരുന്നു കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു തന്നെ അപമാനിച്ചപ്പം കർത്താവ് ക്ഷുഭിതനായില്ല കർത്താവ് ഓരോരംഗത്തും അങ്ങനെ വന്നു വന്ന് വന്ന് ഒടുവി കർത്താവ് ചോദിക്കുന്നു എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു പോരായ്മ കാണിച്ചു തരാമോ എന്ന് വെല്ലുവിളിച്ച് ചോദിക്കുന്നു തന്നെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച പരീശന്മാർക്ക് ശാസ്ത്രിമാർക്കും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനില്ലായിരുന്നു കർത്താവിൻ്റെ സ്വഭാവം ആ നിലയിൽ പെർഫെക്റ്റായിരുന്നു റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപതോ വാക്യങ്ങൾ പറയുന്നത് എന്താ നമ്മളും കർത്താവിൻ്റെ അതേ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എങ്ങനെ നമുക്കത് കഴിയും കർത്താവിൻ്റെ ആ തേജസ് കണ്ടാലേ ആ തേജസ് നമ്മൾ കണ്ടാലേ നമുക്കങ്ങനെ പോകാനായിട്ട് രൂപാന്തരപ്പെടാൻ നമുക്ക് താല്പര്യവും നമുക്ക് സമർപ്പണവും ഉണ്ടാവും ഇവിടെ ഇതാ യോഹനൻ്റെ സുവിശേഷം പതിനേഴാമധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു പിതാവേ അവർക്കെന്തു വേണം അവരെൻ്റെ ഈ തേജസ് ഒന്ന് കാണണം ഈ തേജസ് ഒന്ന് കണ്ടാലേ അവർക്ക് എന്നെപ്പോലെ ആകാനായിട്ടുള്ള താല്പര്യം എൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകേയുള്ളൂ എന്ന് കർത്താവ് അവിടെ പറയുന്നു അപ്പോൾ അതാണ് ഏഴാമതായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ടവരെ വളരെ വേഗത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുകയായിരുന്നല്ലോ ഒന്നാമത് കർത്താവിനുള്ള സമർപ്പണം നമുക്കുണ്ടായിരിക്കണം എൻ്റേതെല്ലാം നിൻ്റേതാണ് അതേപോലെയുള്ള ഒരു സമർപ്പണത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ദുഷ്ടങ്ക ദുഷ്ടൻ നമ്മളെ തൊടാതെ സംരക്ഷിക്കപ്പെടാനായിട്ട് യേശു അന്ന് പ്രാർത്ഥിച്ചു ഇന്നും യേശു പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോരാ സഹോരി നീ പേടിച്ചു പോകണ്ട അന്യോന്യമുള്ള ഐക്യതയ്ക്കായിട്ട് ദൈവത്തോടും സഹോരന്മാർ തമ്മിലും ഉള്ള ഐക്യതയ്ക്കായിട്ട് യേശു പ്രാർത്ഥിക്കുന്നു നമുക്ക് ഐക്യതയുണ്ടോ നമ്മളതിൽ കർത്താവിൻ്റെ പ്രാർത്ഥന പോലെ അതിൽ മുതിർന്നു വരുന്നുണ്ടോ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ സന്തോഷം പൂർണമാകാൻ കർത്താവിൽ നമുക്ക് സന്തോഷമുണ്ടോ സന്തോഷത്തിൽ വർധിച്ചു വരുന്നുണ്ടോ സാഹചര്യം മാറണമെന്നല്ല ഓ കർത്താവ് നെ കുറിച്ച് പറയുന്നല്ലോ നിന്റെ കാലെ കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ സൂക്ഷിയുള്ളൂ നിന്റെ നീ നടക്കുന്നിടത്തെ കല്ല് മുഴുവൻ നീക്കി തരാമെന്നല്ല കല്ലവിടെ കിടപ്പുണ്ട് പക്ഷെ കല് കാല് കല്ലിൽ തട്ടാതെ നിന്നെ സൂക്ഷിക്കും പ്രശ്നം മാറുകയില്ല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ അതിനിടയിലും നിനക്കൊരു സംരക്ഷണമുണ്ട് നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകണ്ട ഇതാണ് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ സ്നേഹത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു ദൈവത്തോടുള്ള സ്നേഹം അന്യോന്യമുള്ള സ്നേഹം അത് വർദ്ധിച്ചു വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ വിശുദ്ധിയില് വർധിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ തേജസ് നമ്മൾ കൂടുതൽ കാണാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമുക്ക് ദൈവസംഗതിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും കേട്ട വചനത്തിനു മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം